പ്രഭാതത്തിലും പ്രദോഷത്തിലും തങ്ങളുടെ രക്ഷിതാവിനെ വിളിക്കുകയും അവൻറെ പ്രീതി മാത്രം ആഗ്രഹിക്കുകയും ചെയ്യുന്നവരെ നീ പുറത്താക്കരുത് അവരുടെ കണക്കെടുപ്പിൽ നിനക്ക് യാതൊരു ഉത്തരവാദിത്തവുമില്ല നിന്റെ കണക്കെടുപ്പിൽ അവർക്കും യാതൊരു ഉത്തരവാദിത്തവുമില്ല എന്നിട്ടും നീ അവരെ പുറത്താക്കിയാൽ നീ അക്രമികളിൽ ഒരാളാകും